ൈവ തിരുനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ വന്യ വൈദിക ശ്രേഷ്ഠരെ സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോയ്സി ജോർജ് വേദിയിലിരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സമുദായങ്ങളിൽ നിന്ന് വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആത്മീകരായി ദൈവവേലയിൽ പങ്കാളികളായ ദൈവജനമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ കൃപയുടെ മധുരം അനുഭവിപ്പാൻ കടന്നു ബഹുമാന്യ സഹോദര സഹോദരികളെ പത്രപ്രതിനിധികളെ നാട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തപ്പെടുന്ന ഈ അന്തർദേശീയ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇത്രയേറെ ആളുകൾക്ക് ഒരുമിച്ച് കൂടുവാനിടയായിരിക്കുന്നതിൽ തീർച്ചയായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വകയുണ്ട് നിങ്ങൾ നാനാദേശങ്ങളിൽ നിന്നായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും വിവിധ ജോലികളിൽ മൊഴിയിരിക്കുന്നവരുമായ ആളുകൾ ദീർഘദീർഘം യാത്ര ചെയ്ത് കടന്നുവന്ന് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉത്സാഹിച്ചതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും സർവ്വശക്തൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ സുവിശേഷ മഹായോഗത്തിന്റെ ചിന്താവിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ എന്നതാണ് വൻ കഴിഞ്ഞ ഓരോ വർഷവും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് തന്നെയുള്ള ഹൃദയസ്പർശിയായ അനേകനേകം കാര്യങ്ങൾ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു കർത്താവായ യേശുക്രിസ്തു സകലവും പുതുതാക്കുന്നവൻ എന്ന് ചിന്താ വിഷയത്തോടെയാണ് ഇത്രയും വിപുലമായ തോതിൽ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ അന്ന് ആദ്യത്തെ ചിന്താവിഷയമായി നാം തെരഞ്ഞെടുത്തത് അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവായ യേശു ആശ്വാസം നൽകുന്നവൻ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ പ്രദാനം ചെയ്യുന്നവൻ കർത്താവായ യേശുക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തുന്നവൻ എന്നിങ്ങനെയുള്ള അനേകമനേകം കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ നിദർശനമായ വാക്യങ്ങൾ തിരുവഴുത്തുകളെ ആസ്പദമാക്കി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ഈ വർഷം കർത്താവായ യേശുക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ എന്ന വിഷയം തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ആ വിഷയത്തിന്റെ ഒരു അനുഭവപരമായ അനുഗ്രഹം ലഭിക്കുകയുണ്ടായി ഓരോരുത്തർക്കും യേശുക്രിസ്തു നൽകുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം ഇഹത്തിൽ സമാധാനം നിത്യതയിൽ സ്വർഗ്ഗം എന്നതാണ് യേശുക്രിസ്തു നൽകുന്നതായ സമാധാനവും യേശുക്രിസ്തു നൽകുന്നതായ ശാന്തിയും യേശുക്രിസ് നൽകുന്നതായ സ്വസ്ഥതയും അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അനേകം അനേകം പേരും വിവിധ ബാധകളിൽപ്പെട്ട ഉഴലുന്നവരായ അനേകവനേകം ആളുകൾ വിവിധ ബന്ധനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകം ആളുകൾ പലതരത്തിലുള്ളതായ വ്യാധികളും കെടുതികളും ആപത്തുകളും യാതനകളും ദുരിതങ്ങളുമായി അലഞ്ഞുഴലുന്ന അനേകവനേകം ആളുകൾ ഈ ആളുകൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് ഹൃദയത്തെ ഞെരിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്ന അനേകം പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് അഴളുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി രോഗത്തിന് സൌഖ്യമായി ആശ്വാസദായകനായി സമാധാന പ്രഭുവായി കർത്താവ യേശുക് സുജീവിക്കുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ് അതനുഭവിക്കുന്നവരെ പേർത്തും പേർത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരമോന്നത വസ്തുതയാണ് യേസു ക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ ഈ ആദ്യ രാത്രിയിൽ തന്നെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിഞ്ഞോ അറിയാതെയോ അനേകമനേകം ബാധകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾ വിട്ടിട്ടും വിട്ടിട്ടും പോകാത്തതായ ചില ബാധകൾ ഏറ്റുപറഞ്ഞിട്ടും മാറിപ്പോകാത്തതായ ചില കോപാവേശങ്ങൾ ചില ഊരാക്കുരുക്കുകൾ പറിച്ചെറിഞ്ഞിട്ടും പോകാത്തതായ ചില കുടുക്കുകൾ ചില ബന്ധനങ്ങൾ തലമുറകളായി പടർന്നു കയറിയിരിക്കുന്ന കുടുംബങ്ങളിലെ ചില ശാപങ്ങൾ ഇതെല്ലാം മാറുവാനും അതിനെല്ലാം ഒരു പരിഹാരം തരുവാനും യേശുക്രിസ്തു മതിയായവനാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ ലഭിക്കുന്ന അതിമഹത്വപരമായ ഒരു സന്ദർഭമാണ് ഈ കൺവെൻഷന്റെ അഞ്ച് ദിവസങ്ങളും ഇന്ന് തുടങ്ങുന്ന ഈ കൺവെൻഷൻ ഞായറാഴ്ച രാത്രി യോഗത്തോടുകൂടി അവസാനിക്കുന്നതാണ് എന്ന് അറിയാം ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും നാളുകളായി നാളുകളായി ഭാരത്തോടും പ്രയാസത്തോടും ആകുലത്തോടും കൂടി വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടും വിട്ടുപോകാത്തതായ ചില ബന്ധനങ്ങൾ അഴിയുകയും ചില ആകുലങ്ങൾ നീങ്ങുകയും ചില അസ്വസ്ഥതകൾ മാറിപ്പോകുകയും കുടുംബങ്ങളിലെ ചില ഗെടുതികൾ മാറുകയും ചെയ്യും എന്ന് നിങ്ങൾ ഞായറാഴ്ച രാത്രി ഒമ്പതരയ്ക്ക് ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ അറിഞ്ഞു ദൈവത്തെ സ്തുതിക്കും അതുകൊണ്ടാണ് ഞാന് ആദ്യം ആ ഗാനം പാടിയത് നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ എന്ന് സ്വർഗീയ ശ്രീഭണ്ണാരത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കലവറ തുറന്ന് അനുഗ്രഹ വർഷം പെയ്യണമേ എന്നാണ് പിതാക്കന്മാർ ആ ഗീതത്തിൽ പാടിയത് കരുണാമയനായ യേശുവെ നിന്റെ കൃപയുടെ വാതുക്കൽ മുട്ടുന്ന എന്നെ നീ സന്ദർശിക്കണമേ എന്നെ നീ അനുഗ്രഹിക്കണമേ നിന്റെ കൃപയും വാഴുവും പകരണമേ എന്നാണ് പാടുവാൻ പിതാക്കന്മാർ നമ്മെ ആ ഗീതത്തെ അഭ്യസിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൃപയും വാഴുവും ലഭിച്ച് ആശ്വാസവും സമാധാനവും പ്രാപിച്ച് സന്തോഷവും ശാന്തിയും അനുഭവിച്ച് നമ്മുടെ ദൈനംദിന ജീവിതം സന്തോഷഭരിതമാക്കുവാൻ സാധിക്കും എന്ന് അത്ഭുതകരമായ വസ്തുത നാം അനുഭവിക്കാൻ പോകുകയാണ് നാം ഈ ദിവസങ്ങളിൽ ക്രിസ്തു നമ്മുടെ അകത്ത് വരുന്നത് നാം അത് കൈവരിക്കാൻ പോവുകയാണ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാധകൾ മാറുന്നു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ഭയാശങ്കകൾ മാറുന്നു വിട്ടുപോകാത്ത ചില ഭയപ്പാടുകൾ നമുക്കുണ്ട് വിട്ടുപോകാത്ത ചില ഭീതി വിഷയങ്ങൾ നമുക്കുണ്ട് എന്തിനെയോ ഭയപ്പെടുന്നതായ ചില പ്രതിഭാസങ്ങൾ നമ്മുടെ പലരുടെയും ജീവിതത്തെ ഞരിക്കുന്നുണ്ട് എന്തോ വലിയ ഭീതികൾ വലിയ ബാധകൾ നമ്മെ അലട്ടുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം തന്നെ ഒരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു സാറേ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഞാന് ഒരുങ്ങിയ സമയത്ത് ഒരു വലിയ പ്രയാസം രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ആരോ എന്നെ എടുത്തെറിയുന്നത് പോലെ തോന്നി ആരോ എന്നെ കട്ടിൽ നിന്നെടുത്ത് മുകളിലോട്ട് എറിയുന്നു ഞാൻ കട്ടിലിൽ തന്നെ വന്ന് വീണു ഞാൻ ഞെട്ടി ഉറക്ക കരഞ്ഞു അമ്മ ഓടി വന്നു നോക്കി അവിടെ മുറിയിൽ ആരെയും കണ്ടില്ല ഞാൻ പറഞ്ഞു ആരോ എന്നെ എടുത്തെറിഞ്ഞതാണോ എന്ന് ഞാൻ പറഞ്ഞു സാറേ അമ്മ പറഞ്ഞു മോനെ തോന്നലാണെന്ന് സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞു സാറേ എനിക്ക് സമാധാനമില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണമെനിക്ക് വേണ്ടി എന്നാണ് ആ കുട്ടി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ വേറൊരു വിദ്യാർത്ഥി പറഞ്ഞു ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോ എന്നെ വായിലും മൂക്കിലും പൊത്തിപ്പിടിക്കുകയാണ് എനിക്ക് ശ്വാസം മുട്ടുകയാണ് ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുകയാണ് എന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ സന്ധിയാകുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുകയാണ് സന്ധിയാകുമ്പോൾ പേടി കാരണം രാത്രി ഉറങ്ങേണ്ടി വരുമല്ലോ ഉറങ്ങുമ്പോൾ ആരോ വരുമല്ലോ എന്റെ വായും മൂക്കും പൊത്തിപ്പിടിക്കുമല്ലോ എന്ന് അതൊരു ബാധയാണ് അതൊരു വലിയ കെടുതിയാണ് ബാധകളും കെടുതികളും ഒന്നല്ലെങ്കിൽ ഒന്ന് മനുഷ്യനെ പിന്തുടരുകയാണ് ചില പ്രേമക്കുരുക്കുകൾ ചില പ്രണയബന്ധങ്ങൾ അത് ഇന്നത്തെ യുവതലമുറയെ അല്ല പ്രായമായവരെപ്പോലും അപകടത്തിലാക്കുന്നുണ്ട് വിട്ടുമാറണമെന്നുണ്ട് മാറിയാൽ കൊള്ളാമെന്നുണ്ട് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും വേണ്ട വേണ്ട എന്ന് പിന്നെയും അറിയാതെ ആരോ വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്നത് പോലെ അങ്ങ് വലിച്ചഴിച്ചുകൊണ്ടുപോകുന്നത് പോലെ പിടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നത് പോലെ അതിലേക്ക് പോയി കുടുങ്ങുകയാണ് തെറ്റ് ചെയ്തു കഴിയുമ്പോൾ പിന്നെയും ദുഃഖമായി നിരാശയായി അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നു എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് ചിലർക്കുണ്ടാകുന്നതായ ഒരു ബാധ സ്വന്തം ഭാര്യയെ സംശയിക്കുകയാണ് ആ നിഷ്കളങ്കയായ സ്ത്രീയെ നിരപരാധിയായ സ്ത്രീയെ സംശയിക്കുന്നു ആ സ്ത്രീ വേറെ പുരുഷനുമായി ബന്ധത്തിലാണെന്നും സ്നേഹത്തിലാണെന്നും എല്ലാം ചിന്തിച്ച് വെറുതെ ചിന്തിച്ചുകൂട്ടുകയും സംശയം വർദ്ധിപ്പിക്കുകയും അതിന് തക്കതായി തെളിവുകിട്ടുവാൻ വേണ്ടി എത്തിക്കുകയും ആകെ കുടുംബം കലക്കമാകുകയും കുട്ടികൾക്ക് പഠിക്കാൻ വയ്യാതെ കുട്ടികളെല്ലാം അമ്പരപ്പിലാകുകയും കുടുംബം മുഴുവൻ കലങ്ങുകയും ചെയ്യുന്നു അത് പക്ഷേ മറിച്ചാകാം ഭർത്താവിനെ സംശയിക്കുകയാകാം അത് ഒരു എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ് എന്ന് പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാറില്ല സംശയ രോഗമെന്ന് ഡോക്ടർമാർ പറയും പക്ഷെ അതൊരു പൈശാചിക ബാധയാണ് ആ പൈശാചിക ബാധയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ പോലും മനുഷ്യന് സമയം കിട്ടാറില്ല സമയം എടുക്കാറില്ല എങ്ങനെയാണ് ഈ ബാധകൾ മാറുന്നത് ഭാര്യക്കും ഭർത്താവിനും പരസ്പരം സംശയം ഉണ്ടാകുക ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഒളിച്ചു കിടക്കുന്നതായ ചില നിഗൂഢമായ പാപങ്ങൾ അത് ഹൃദയത്തിൽ പൊന്തി വന്നാണ് ഈ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും ഗ്രഹിക്കാറില്ല ബോധമനസിൽ നിന്ന് അബോധ മനസ്സിലേക്ക് അതാണ് പോകുന്ന അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് മാറിപ്പോകുന്ന ചില പാപങ്ങളുടെ അനുരണനങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള സംശയ മാറുന്നത് എന്ന് പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാറില്ല എല്ലാം ചില ബാധകളായി മനുഷ്യനെ വേട്ടയാടുകയാണ് മനുഷ്യജീവിതം തകരുകയാണ് നശിക്കുകയാണ് ജീവിതമാകുകയെ മുടിയുകയാണ് കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതായി തീരുകയാണ് വർഷങ്ങളായി നമ്മുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കുന്ന കാര്യം കൂട്ടായ്മയെ സ്ഥിരമായി വരുന്നതായി നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു കൊച്ചു സ്വർഗം പണിയുകയായിതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ നമ്മുടെയെല്ലാം വീടുകൾ കൊച്ചു കൊച്ചു സ്വർഗ്ഗമായി തീരുക നമ്മുടെയെല്ലാം വീടുകൾ ചെറിയ ഒരു സ്വർഗത്തിന്റെ ഒരു പതിപ്പായി മാറുക സ്നേഹം നിറഞ്ഞ കുടുംബങ്ങൾ പരസ്പര വിശ്വാസമുള്ള കുടുംബ ബന്ധങ്ങൾ ഭാര്യയും ഭർത്താവും ഐക്യം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു മനസ്സ് ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ആരാധിക്കുകയും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ഒരുമിച്ച് നിരുവചനം ധ്യാനിക്കുകയും ഒരുമിച്ച് നിരുവചനം പഠിക്കുകയും ഒരുമിച്ച് കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും അങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം തുടങ്ങി ആ സ്വർഗ്ഗത്തിന്റെ തുടർച്ചയായി അവസാനം നിത്യസ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന സൌഭാഗ്യകരമായൊരു വലിയ പദവിയിലേക്കാണ് കരുണയുള്ള കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആനയിക്കുന്നത് ദൈവം കൃപ ചെയ്ത് മാറ്റുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് ആരംഭം കുറിക്കുകയാണ് ബാധകൾ മാറ്റുന്ന ക്രിസ്തു ഞാന് ഒരു സംഭവ സംഭവകഥ വായിച്ചു കഥയല്ല സംഭവം നേപ്പാളിലാണ് ഇന്ത്യയുടെ വടക്കേയച്ച അപ്പുറം നേപ്പാളിൽ അവിടെ ഒരു ആചാരമുണ്ട് ഒരു ദുരാചാരം എന്താണ് ദുരാചാരമെന്നറിയാമോ പ്രായമായവർ ഈ എൺപത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കുകയില്ല ഈ വയസ്സായാൽ അവരെ മക്കൾ വളരെ ആഘോഷത്തോടെ വലിയ ആർഭാടത്തോടെ ആരവാരത്തോടെ അവരെ യാത്രയക്കും അവർ യാത്ര അയക്കുന്ന ദിവസം വലിയ ഉത്സവമാണ് ആ വീട്ടിൽ വലിയ വിരുന്നാണ് ആ വീട്ടിൽ വലിയ ആഘോഷമാണ് ആ വീട്ടിൽ മറ്റ് നാട്ടുകാരും വീട്ടുകാരും ബന്ധപ്പെട്ടവരുമെല്ലാം വന്നുകൂടുന്ന വലിയ ചടങ്ങാണ് അത് കഴിഞ്ഞ് മക്കൾ ആൺമക്കൾ ഒരാളാണെങ്കിൽ ഒരാളല്ല കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ പേര് ഈ ആളെയും കൊണ്ട് പോകുന്നു നടന്നതെന്താണെന്ന് കേൾക്കണോ ഒരു വീട്ടിൽ അഞ്ച് ആൺമക്കളുണ്ടായിരുന്നു അഞ്ച് ആൺമക്കൾ ഈ ആൺമക്കൾ അപ്പന എൺപത് വയസ്സായപ്പോൾ വലിയൊരു വിരുന്ന് കഴിച്ചു വലിയ ആഘോഷമായിരുന്നു ധാരാളം അതിഥികൾ വന്നിരുന്നു വലിയൊരു ചടങ്ങായിരുന്നു അത് ഈ അപ്പനെയും അവരെ കൂട്ടിക്കൊണ്ട് വിരുന്ന് കഴിഞ്ഞ് അപ്പനെയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് അപ്പുറത്ത് കുറെ നടന്നുപോയി ഒരു മലയുടെ മുകളിലെത്തി മലയുടെ അപ്പുറത്ത് വലിയൊരു താഴ്വരയാണ് വൻ കാടുകളാണ് ഭയങ്കരമായ വനമാണ് ആ വനം നിറഞ്ഞ് ആ കാട്ടിലേക്ക് അങ്ങ് താഴ്വരയുള്ള കാട്ടിലേക്ക് അപ്പനെ തള്ളിയിടാനാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ തള്ളിയിടുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ ഉള്ളത് അവിടെ അപ്പനെ കൊണ്ടുപോയി തള്ളിയിടുക അപ്പനെ കൊണ്ടുപോയി അപ്പനെ അറിയാൻ കൊണ്ടുപോകുന്നത് തള്ളിയിടാനാണ് കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് ജീവനോട് തള്ളിയിടും അവര് തിരിച്ചു പോരുകയും ചെയ്യും അപ്പനറിയാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ തള്ളിയിടാൻ നേരത്ത് അപ്പൻ മക്കളെ ഒന്ന് ഒരല്പസമയം എനിക്കൊന്ന് തരണം ആ സ്ഥലം ഇതുതന്നെയാണോ എന്ന് ഞാൻ നോക്കട്ടെ ഏതാണോ എന്ന് മക്കളെ ഞാന് അന്ന് ഞാനും എന്റെ സഹോദരനും കൂടി ഞങ്ങളുടെ അപ്പനെ കൊണ്ടുപോകുന്ന സ്ഥലം ഇത് എന്ന് നോക്കട്ടെ അപ്പൻ കുറച്ചു നേരം അവിടെയൊക്കെ അങ്ങോട്ടും കൂടി നടന്നു നോക്കി അതെയതെ ഇത് തന്നെയാ സ്ഥലം എന്റെ സഹോദരൻ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി അതുകൊണ്ട് അവന് ഈ സ്ഥിതി വന്നില്ല എനിക്കാണ് എൺപത് വയസ്സ് വരെ ജീവിക്കേണ്ടി വന്നത് അതുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ വന്നത് മക്കളെ എവിടെ തന്നെയാണ് എന്നെവിടെ തന്നെ തള്ളിയിട്ടോ ഇത് തന്നെയാ സ്ഥലം ഞാൻ എന്റെ അപ്പനെ തള്ളിയിട്ട സ്ഥലം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആ അഞ്ചു മക്കളും ചിന്തിച്ചു അപ്പനെ നാമെ തള്ളിയിട്ടാൽ നമ്മുടെ മക്കൾ നമുക്കും പ്രായമാകുമ്പോൾ ഇവിടെ കൊണ്ട് തള്ളിയിടുമല്ലോ വേണമോ ഈ ദുരാചാരം ഈ സമ്പ്രദായം വേണമോ ആ മക്കൾ നീപ്പാളിലെ ആ അഞ്ച് മക്കൾ അവരാലോചിച്ചു വേണ്ട അപ്പനെ കൊല്ലണ്ട അവര് അപ്പനെ വിളിച്ച് തിരിച്ച് കൊണ്ടുവന്നു അതോടി നീപ്പാളിൽ ആ ഗ്രാമത്തിൽ ആ ദുരാചാരം നിലച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംഭവം വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് മറ്റൊരു കാര്യമാണ് തലമുറകളിലൂടെ പകർന്നു വരുന്നതായ ചില ശാപങ്ങൾ തലമുറകളിലൂടെ ബാധിച്ചു വരുന്നതായ ചില ദുർബാധകൾ അത് ഏതെല്ലാം തരത്തിലുള്ള ബാധകളാകാം ഏതെല്ലാം വിധത്തിൽ അപ്പനോ അമ്മയോ വരുത്തിവെച്ചതായ ചില വിനകൾക്ക് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക അപ്പനോ മക്കളോ ദൈവത്തിന്റെ വേലയിൽ എതിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ മക്കൾ അനുഭവിക്കേണ്ടി വരിക അപ്പനോ അമ്മയോ ദൈവിക ശുശ്രൂഷയോ ദൈവീക ശുശ്രൂഷകന്മാരെയോ അവമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മക്കൾ അനുഭവിക്കേണ്ടി വരിക എന്തെന്തെല്ലാം കെടുതികളാണ് വരുന്നത് തലമുറകളിലൂടെ പകർന്നു വരുന്നതായ ശാപങ്ങൾ മുറകളിലൂടെ പകർന്നു വരുന്നതായ ബാധകൾ അനേകം കുടുംബങ്ങളെ ഉയർപ്പൂട്ടിക്കുകയാണ് സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ കർത്താവായ ക്രിസ്തു ഐഹ്യ ജീവിതകാലത്ത് അവിടെ നിന്ന് സ്ഥലങ്ങളിലെല്ലാം ബാധകൾ മാറുകയുണ്ടായി മാറ്റുകയുണ്ടായി കർത്താവ് ഒരവസരത്തിൽ ഒരു ദേശത്തുകൂടി കടന്നുപോയി മർക്കോസിശേഷം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഒരു ദേശത്തുകൂടി കർത്താവ് കടന്നുപോയി ആ ദേശത്തുകൂടി കർത്താവ് കടന്നുപോയപ്പോൾ മൂന്ന് ബാധകൾ ആ ദേശത്ത് കർത്താവ് മാറ്റി എന്നാണ് നാം വായിക്കുന്നത് മൂന്ന് ബാധകൾ മർക്കോസിശേഷം അഞ്ചാം അധ്യായം ഇപ്പോൾ വായിച്ചു നോക്കേണ്ട കാര്യമില്ല അതിലെ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി മർക്കോസ് അഞ്ചിന്റെ മുപ്പത്തിനാല് അവനവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാ മകളെ നിന്റെ വിശ്വാസം സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും ബാധ ഒഴിയട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് ബാധ മാറട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് നിന്റെ ബാധ ഒഴിവായി കിട്ടട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് വാത്സല്യത്തോടെയാണ് കർത്താവ് സംസാരിച്ചത് മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാ എന്ന് കർത്താവ് പറഞ്ഞു ബാധി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കപ്പെട്ടവരെ ഇന്ന് രാത്രി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ നിങ്ങളോട് ഞാൻ എളിമയോടെ അപേക്ഷിക്കുന്നു നിങ്ങളുള്ളതായ ബാധകൾ ഒഴിവാക്കി തരാൻ വന്നിട്ടുള്ള യേശുവിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ കർത്താവെ എന്റെ മേൽ ചില ബാധകളുണ്ട് ഞാൻ വിട്ടിട്ടും വിട്ടിട്ടും പോകാത്ത ചില ബാധകളുണ്ട് കോപാവേശം പോകുന്നില്ല എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന കോപം എന്റെ ഹൃദയത്തിൽ പൊന്തി വരുന്നുണ്ട് എന്റെ കർത്താവെ വാശിയുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല ചില കാര്യങ്ങളിലുള്ളതായി കടുമ്പിടുത്തുമെന്നിൽ നിന്നും മാറുന്നില്ല ചില ദുസ്സാഠ്യമിൽ നിന്നും മാറുന്നില്ല പണത്തോടുള്ളതായി ആഗ്രഹം ദ്രവ്യാഗ്രഹം എന്നിൽ നിന്നും വിട്ടുപോകുന്നില്ല എന്റെ കർത്താവെ എന്റെ ഹൃദയത്തിൽ വലിയൊരു അഹങ്കാരം നിൽക്കുന്നു അത് വേണ്ട വേണ്ടാന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ പിന്നെയും അഹങ്കാരം പൊന്തി വരുന്നു എന്റെ കരുണയുള്ള കർത്താവെ അശുദ്ധമായ ചില വികാരങ്ങളും വിചാരങ്ങളും ഹൃദയത്തെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അഴുക്കായ ചില വിചാരങ്ങൾ ചില മ്ലേച്ഛമായ ചിന്തകൾ ചില മലിനമായ ആഗ്രഹങ്ങൾ എന്നെ വലയം ചെയ്തു നിൽക്കുന്നു എന്റെ കർത്താവെ ഇത് വിട്ടു പോകുന്നില്ലല്ലോ ദൈവമേ എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദുഷ്ടശക്തികളൊന്നും മാറിക്കിട്ടിയിരുന്നെങ്കിൽ ഈ ദുരാത്മബന്ധനങ്ങളൊന്നും അഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ പൈശാചിക ശക്തിയുടെ ഈ ഭീകരമായ ആക്രമണത്തിൽ നിന്നെനിക്ക് മോചനം കിട്ടിയിരുന്നെങ്കിൽ ഭീകരന്മാരായ പൈശാചികന്മാരുടെ ഭയാനകമായ നീരാളിപ്പെടുത്തത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി എന്റെ കർത്താവെ തന്നെ ഒന്ന് വിശുദ്ധിയെ സ്തുതിപ്പാൻ എനിക്കൊരു നല്ല നാളെ കിട്ടുമോ കർത്താവേ നിങ്ങൾ ചിലരുടെയെല്ലാം ഹൃദയത്തിൽ ഇതുപോലുള്ളതായി ചിന്തകൾ പക്ഷേ വരുന്നുണ്ടാകും സ്നേഹിതരെയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭ്രമിക്കേണ്ട നിങ്ങൾ അമ്പരപ്പിലാകേണ്ട നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട ക്രിസ്തു അന്ന് പറഞ്ഞു രണ്ടായിരത്തിലേറെ വർഷം മുൻപ് ഗതരദേശത്തിന്റെ പ്രാന്ത പ്രദേശത്ത് വെച്ച് കർത്താവ് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം സ്നേഹിതരെ സമാധാനത്തോടെ നിങ്ങൾക്ക് പോകാം സമാധാനം തരാനാണ് ക്രിസ്തു വന്നത് ക്രിസ്തു തന്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് നിർണ്ണിച്ചു പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ക്രിസ്തു തരും ഈ ലോകത്ത് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നേനെ നാം ചിന്തിക്കാറുണ്ട് എന്റെ കർത്താവെ ഈ ലോകത്തെനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നതിനെ നാം ചിന്തിക്കും ഓർക്കുക ആ സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്നേച്ചു പോയ ക്രിസ്തു അവൻ ഇന്ന് സമാധാനം തരുവാനായി കടന്നു വന്നിരിക്കുകയാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ് രണ്ടായിരത്തിലേറെ വർഷം മുൻപ് ഭർത്താവ് യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ആദ്യം പറഞ്ഞ വാക്ക് സ്ത്രീയെ നീ കരയുന്നാണ് രണ്ടാമത് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നാണ് യേശുക്രി സൂക്ഷ വേളയിൽ മൂന്ന് വാക്കുകൾ പറഞ്ഞു ഒന്ന് കരയേണ്ട രണ്ട് ഭയപ്പെടേണ്ട മൂന്ന് നിങ്ങൾക്ക് സമാധാനം ഈ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ ഈ പന്തലിങ്കിൽ വന്നിട്ടുണ്ട് ഈ ശബ്ദപരിധിക്ക് അകത്ത് നിൽക്കുന്ന ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നു ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാദത്തിൽ ഒന്ന് മുട്ടിക്കൊണ്ടു കർത്താവ് പറയുന്നു മകനെയു സമാധാനം വേണമോ മകളെ നിന്റെ ബാധകൾ മാറിക്കിട്ടണമോ നിന്റെ കുടുംബത്തിലെ കേടുകൾ മാറിക്കിട്ടണമോ നിന്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടണമോ മോനെ നിന്റെ മക്കൾ ഇന്ന് നിന്നെ തിക്കരിച്ചും നിന്നോട് എതിർത്തും മറുതലിച്ചും അവർ ചുമതലാബോധമില്ലാത്തവരെ പോലെ ജീവിക്കുന്നതിൽ നിന്ന് മനന്നൊന്ന് കഴിയുകയല്ലേ എന്നാൽ മോനെ നിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ നിന്ന് മക്കളെ ഞാൻ നേരിയാക്കി തരാമെന്ന് കർത്താവ് പറയുകയാണ് അത്ഭുതങ്ങളുടെ ദൈവം അത് സീയം പ്രവർത്തിക്കാൻ മതിയായവനായി അവൻ കടന്നു വന്നിരിക്കുകയാണ് സമാധാനത്തിന്റെ നാഥൻ അവൻ പറയുന്നു മകളെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധി ഒഴിഞ്ഞ് സ്വസ്ഥിയായിരിക്കുന്നത് ആ സ്ത്രീക്ക് എന്തായിരുന്നു അസമാധാനത്തിന് കാരണം നമുക്കറിയാം ഏദിവസം വായിക്കുമ്പോഴറിയാം ആ ഭാഗം ആ ഖണ്ണിക നാം അയക്കുമ്പോൾ മർക്കോസിന് ശേഷം അഞ്ചാം അധ്യായത്തിൽ ആ ഭാഗം നാം അയക്കുമ്പോൾ നമുക്ക് കാണാം അവൾ പന്ത്രണ്ട് കൊല്ലമായി രക്തപറച്ചുള്ളൊരു സ്ത്രീയായിരുന്നു രോഗബാധ പലതരത്തിലുള്ളതായ രോഗബാധയുള്ളവര് ഈ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട് മാറാ രോഗങ്ങൾ ബാധിച്ചവര് തീരാവ്യാധികൾ ചികിത്സ ഫലപ്പെടുകയില്ലായെന്ന് ഉറപ്പായവര് തീർന്നു ആയി ദിവസങ്ങൾ നീ എണ്ണിയാൽ മതിയെന്ന് ഓർത്ത് ജീവിതം നിരാശയിലാണ്ട് പോയവര് വലിയ ഭയാനകമായ കെടുതിയിലേക്ക് ഞാനിതാ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവര് എന്റെ സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മാരകമായ രോഗമാണെങ്കിലും സൌഖ്യം തരാൻ കഴിവുള്ളവനായി കർത്താവായ ജീവിക്കുന്നു അവൻ രോഗബാധ മാറ്റുന്നവനാണ് രോഗബാധാകർത്താവ് മാറ്റും നിങ്ങളുടെ ജീവിതത്തിലെ രോഗത്തിന്റെ കെടുതീകർത്താവ് മാറ്റിത്തരും ഈ ഞാൻ തന്നെ ഉദാഹരണമാണ് ഞാന് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിൽ ഇതിന് ഇന്നത്തെ ഈ കൺവെൻഷൻ ഇതിന് മുൻപുള്ള നാലാമത്തെ കൺവെൻഷനിൽ രണ്ടായിരത്തി അഞ്ചിലെ കൺവെൻഷനിൽ ഞാൻ വചനം പ്രസംഗിക്കും ധരിച്ചതല്ല അന്ന് ഞാൻ കൺവെൻഷന്റെ ദിവസം ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിരുന്നു അതിന്റെ തലേ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് നാളെ ഇവിടെ എന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വരുന്ന ഡോക്ടർ ജോജി കൈനാണ് എന്നെ അന്ന് പ്രധാനമായും ചികിത്സിച്ചത് അദ്ദേഹം പറഞ്ഞു തൽക്കാലം പൊയ്ക്കുള്ളൂ കുഴപ്പമില്ല പിന്നീട് വന്നാൽ മതി കൺവെൻഷനിലെല്ലാം കഴിഞ്ഞു വന്ന് അഡ്മിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു സ്നേഹിതരെ വർഷം നാലേ കഴിയുന്നു ഞാൻ ഈ വർഷം ഞാൻ ദൈവത്തി ഓരോരു ആവശ്യവും കൺവെൻഷൻ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എഴുന്നേറി നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലർക്കെല്ലാം അറിയാവുന്നത് പോലെ പലപ്പോഴും ഞാൻ ഇരുന്നാണ് പ്രസംഗിക്കാറുള്ളത് എന്നാൽ ഇന്ന് ദൈവം കൃപ ചെയ്ത് എഴുന്നേരുന്ന നിങ്ങളുടെ സംസാരിക്കപ്പെൻകർത്താവ് ആരോഗ്യം തന്നിരിക്കുന്നു അനുഗ്രഹം തന്നിരിക്കുന്നു കിഡ്നിക്ക് തകരാറായിട്ട് എന്റെ ശരീരത്തിലെ കിഡ്നി വൃക്കകൾക്ക് തകരാറിലായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു ദൈവം കൃപ ചെയ്തു ദൈവം കരുണ ചെയ്തു കർത്താവ് എനിക്ക് വലിയ പ്രയാസങ്ങൾ കൂടാതെ ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് ആരോഗ്യവും സൌകര്യവും തന്നു അനുഗ്രഹങ്ങൾ തന്നു നിങ്ങൾ വിശ്വസിക്കൂ നാം പിന്തുടരുന്ന ക്രിസ്തു നാം വിശ്വസിക്കുന്ന ക്രിസ്തു നാം അനുഗമിക്കുന്ന ക്രിസ്തു നാം ആരാധിക്കുന്ന ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കാറുള്ളൊരു വാക്യം ഓർമ്മയില്ലേ ആധരങ്ങളുടെ ദൈവം ആധരങ്ങളുടെ യാതിന് ദൈവം നിങ്ങൾക്ക് വിശ്വസിക്കാമോ ആധരങ്ങളുടെ യാതിന് അവൻ നിഷേധിക്കുകയില്ല നന്മയ്ക്കായി ഒരു അടയാളം തരണമേ എന്ന് പറഞ്ഞ് ആധരങ്ങൾ യാദിക്കുമ്പോൾ യാതിന് നിഷേധിക്കാതെ നന്മയ്ക്കായുള്ള അടയാളങ്ങൾ കർത്താവ് തരും ഇന്ന് രാത്രി എന്റെ സ്നേഹിതരെ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ കർത്താവെ നന്മയ്ക്കായി ഒരടയാളം തന്നെ പറഞ്ഞുവിടണമേ നന്മയ്ക്കായി ഒരു തരണമേ ഇന്ന ബാധ എന്നെ ഇന്നിടത്ത് എനിക്ക് ബാധയുണ്ട് ഇന്ന കാര്യത്തിൽ എനിക്ക് ബാധയുണ്ട് ഇന്ന കാര്യത്തിൽ എനിക്ക് പ്രയാസമുണ്ട് കർത്താവെ നീ മനസ്സറിയണമേ എന്റെ ബാധ നീ മാറ്റണമേ എന്റെ കർത്താവേ എന്റെ ബാധ നീ നീക്കണമേ ഇന്ന് സ്നേഹിതരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നന്മയ്ക്കായി അടയാളം കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിന്റെ ദാസന് നിന ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പായിക്കുന്നതു കൊണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായി അടയാളം തരണമേ അധരങ്ങൾ യാതൊരു നിശ്വസിക്കാത്ത ദൈവം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും നിങ്ങൾ വിശ്വസിക്കൂ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തു കടന്നു വന്നിട്ടുണ്ടായത് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ കരം നിങ്ങളെ തൊടുവാൻ നീട്ടിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ബാധ മാറ്റുവാൻ ക്രിസ്തു വന്നിട്ടുണ്ടായത് നിങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് ഉയർത്താം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം കർത്താവേ നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ യേശുവേ നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ ഞാൻ വീർപ്പൂടുന്ന പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം രണമേ എന്റെ ജീവിതത്തിന്റെ കൊടിയ യാതനകൾക്ക് ഒരു പരിഹാരം തരണമേ എന്റെ തീരാരോഗങ്ങൾക്ക് ഒരു പരിഹാരം തരണമേ എന്റെ മാറാവ്യാധികൾക്ക് ഒരു പരിഹാരം തരണമേ എന്റെ കുടുംബത്തിലെ ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരം തരണമേ എന്റെ കടക്കണികൾക്ക് ഒരു പരിഹാരം തരണമേ എന്നോട് നീ മനസ്സറിയണമേ എന്റെ മേൽ നിന്റെ കരം നീട്ടണമേ എന്ന കരം വെക്കണമേ നിന്ന് തിരി പുരണ്ട കരം തൊടണമേ ക്രൂസിൽ ചുരിഞ്ഞ തിരിരക്തത്താൽ എന്നെ നീ സ്പർശിക്കണമേ എന്നെ നീ കഴുകണമേ എന്റെ മേൽ നിന്ന് പകരണമേ സൗഖ്യം നൽകണമേ ബാധകൾ അകറ്റണമേ കൃപ പെരുകണമേ അനുഗ്രഹം വർഷിക്കണമേ തിരുനാമപ്പെടുത്തണമേ നമ്മുടെ കരങ്ങൾ